എന്നാൽ സത്യനിഷേധികളുടെ കർമ്മങ്ങൾ ഒരു സമതലത്തിലെ മരീചിക പോലെയാണ് ദാഹിച്ചവൻ അതിനെ വെള്ളമെന്ന് കരുതുന്നു എന്നാൽ അവനവിടെ എത്തുമ്പോൾ അത് ഒന്നുമല്ലെന്ന് കാണുകയും അവടള്ളാഹു സുബാനുഹൂവത്തായാലയായെ കണ്ടെത്തുകയും ചെയ്യുന്നു അവൻ അവന്റെ കണക്ക് പൂർത്തിയാക്കിക്കൊടുക്കും അള്ളാഹു സുബാനുഹൂവത്തായാല കണക്കു വേഗത്തിൽ തീർക്കുന്നവനാകുന്നു